അവരുടെ പിതാക്കന്മാരെക്കുറിച്ചോ പുത്രന്മാരെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ സഹോദരപുത്രന്മാരെക്കുറിച്ചോ സഹോദരിപുത്രിമാരെക്കുറിച്ചോ അവരുടെ സ്ത്രീകളെക്കുറിച്ചോ അവരുടെ വലതു ഉടമപ്പെടുത്തിയവരെക്കുറിച്ചോ അവർക്ക് യാതൊരു കുറ്റവുമില്ല നിങ്ങൾ അല്ലാഹു സുബഹാനഹൂവ ടായാലയെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹുസുബഹാനഹൂവ ടായാല എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാകുന്നു